നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് ഉപജീവനം തേടുന്നതിൽ നിങ്ങൾക്കൊരു തെറ്റുമില്ല പിന്നീട് നിങ്ങൾ അറഫയിൽ നിന്ന് മടങ്ങിവരുമ്പോൾ മഷ്ആറുൽ ഹറാമിൽ വെച്ച് അള്ളാഹുവിനെ സുബഹാനുഹുവ ചാനയെ സ്മരിക്കുക അവൻ നിങ്ങളെ നേർവഴിയിലാക്കിയതുപോലെ അവനെ സ്മരിക്കുക അതിനു നിങ്ങൾ വഴിപിഴച്ചവരായിരുന്നു